Indonesia is running from his mental health. These healthy bodies are run away from another high level of life. Beetитайме is running from another high level of pressure developed by twopoweroused scenarios. Why does anyone have access to his mental health? There is no where you start. No where to work from. I don't know why you come to my body, but why do you support me? കേട്ടോ ശരി ശരിയാണ് ക്ലാസ്സിലായിരുന്നു ലെക്ചറിലായിരുന്നു എന്തുകൊണ്ടായിരുന്നു കൊറേ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം അപ്പൊ ഞാൻ കുറച്ചു ഞാൻ എന്താ പറഞ്ഞെന്ന് കൃത്യമായി പറയാ എന്നാലേ തന്മറയാൻ പറ്റും ഇപ്പൊ തോന്നുന്നതാണെങ്കിൽ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് തോന്നുന്നു െന്താണ് മനുഷ്യാഭിമാനം ജാത്യഭിമാനമുള്ളവരാണ് അതാത് ജാതിയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ബ്രഹ്മജ്ഞാനിക്ക് അഭിമാനം അഹം ബ്രഹ്മാസ്മി ബ്രഹ്മജ്ഞാന വിധി വിഹിതകർമ്മങ്ങൾ സ്വർഗാമോ ചെയ്യാം ആ വിധിക്ക് അനുസരിച്ചാണ് കർമ്മങ്ങളൊന്നും എന്ന് പറഞ്ഞപ്പോഴാണ് പൊറോട്ട അങ്ങനെയാണെങ്കിൽ സുരാം നഷേധമുണ്ടല്ലോ നിഷേധവിധി ആ നിഷേധവിധിയായുസരിക്കുന്ന അനുസരിച്ച് ആ മദ്യം കുടിക്കത്തില്ല പക്ഷെ വിധിയനുസരിക്കണമെങ്കിൽ വേദത്തിൽ പറയാൻ മനുഷ്യഭിമാനം ജാത്യാഭിമാനമൊക്കെ വേണം ജാത്യാഭിമാനം ഇല്ലാത്തവർ ആ നിഷേധവിധിയനുസരിക്കില്ല നിങ്ങളൊക്കെ കുടിക്കാം എന്താ കുഴപ്പം അതിന് സമാനം പറഞ്ഞാണ് പറഞ്ഞത് അയാള് ബ്രഹ്മജ്ഞാനിക്ക് പൂർണമായും അഭിമാനമില്ല എന്നല്ല പറയുന്നത് അതൊക്കെ മനുഷ്യത്വമൊക്കെ അഭിമാനമുണ്ട് അതങ്ങനെ വരും അവദ്യല്ലേ ജ്ഞാനം കൊണ്ട് അവിദ്യ അവിദ്യയില്ല അവിദ്യയിലേക്ക് പിന്നെ ദേഹാഭിമാനം ജാത്യാഭിമാനത്തിനൊക്കെ കാരണം എന്താണ് അവിദ്യ എല്ലാ അഭിമാനങ്ങൾക്കും അവിദ്യയിലൊന്നും പിന്നെ അഭിമാനം കാണത്തില്ല പറഞ്ഞു ഒരു ലേശ അവിദ്യ സംസ്കാരം അനുവർത്തിക്കുന്നുണ്ട് സംസ്കാരം അനുവർത്തിക്കുന്നുണ്ട് അതൊക്കെ ലേശാഭിമാനമുണ്ട് പിന്നെ അങ്ങനെ അഭിമാനമാണെങ്കിൽ പിന്നെ എന്നോട് കർമ്മം ചെയ്യുന്നില്ല എല്ലാം അയാൾ മിഥ്യയാണെന്നറിയുന്നു കർമ്മം കർമ്മഫലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മിഥ്യയാണെന്നറിയുന്നതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്നറിയുന്നു ഈ അഭിമാനം മിഥ്യ എന്നറിയുന്നു ബ്രാഹ്മണത്വം മിഥ്യ എന്നറിയുന്നു ഇതെല്ലാം മിഥ്യ എന്നറിയുന്നതുകൊണ്ട് അയാൾ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല വിധിയായനുസരിക്കേണ്ട ആവശ്യമില്ല അതാണ് വിദ്വാൻ എന്ന് പറയുന്നത് അതാണ് അഹംബ്രഹ്മാശ്രി എന്ന് പറയുന്നു ഇപ്പൊ അസത്യമായ അഭിമാനം കൊണ്ട് അസത്യമായ കർമ്മങ്ങൾ എന്തിനായി പറഞ്ഞു ഇതാണ് അതിന് സമാനം പറഞ്ഞു ശ്രദ്ധത്തെ അയാൾക്കാതെ വിശ്വാസം കർമ്മങ്ങളിലോ ഫലത്തിലോ ഒന്ന് അന്നെ ശ്രദ്ധിക്കുന്നു എന്ന് വെച്ചാൽ താല്പര്യപൂർവ്വമായ പ്രവർത്തിക്കുന്നു ി മത അതുകൊണ്ടെന്താ നമ്മൾ ചോദിച്ചെന്താണ് എന്തുകൊണ്ട് അവൻ മദ്യം കുടിച്ചുകൂടാന്നുള്ളതിനാണ് അതിന് ഇത് പറഞ്ഞാൽ മതിയം ഏതോ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ലേശം അനുവർത്തിക്കുന്നു അതുകൊണ്ട് ദേഹാഭിമാനം ലേശമുണ്ട് പക്ഷെ അത് മിഥ്യയാണെന്ന് അറിയുന്നു വിധി എന്നറിയുന്നുകൊണ്ട് വിധി പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് വിധിഷു ശ്രാദ്ധോ അധികാരില്ല അശ്രാദ്ധ വിധിയിൽ ശ്രദ്ധയുള്ളവനാണ് അധികാരിയായിരിക്കുന്നത് അശ്രാദ്ധ ശ്രദ്ധ ഇല്ലാത്തവണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിജയിത എന്ന് പറയുന്നത് വേദവിധിയാണ് ഈ വിധിയനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ വേദത്തിൽ വിധിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അയക്കു വിശ്വാസം ഉണ്ടായിരിക്കുന്നു ഒന്ന് യാഗത്തെ സംബന്ധിച്ച് അതിൻ്റെ ക്രിയാ മാർഗങ്ങളിലൊക്കെ അയാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കും ഫലത്തെ സംബന്ധിച്ച് അതിൽ നിന്ന് സ്വർഗമുണ്ടാകും എന്ന് വിശ്വാസം ഉണ്ടാവണം യാഗത്തിൽ നിന്ന് അപൂർവം ഉണ്ടാകും എന്ന് വിശ്വാസം ഉണ്ടാവണം ഈ യാഗത്തിന് ഇതെല്ലാം പറയുന്ന വേദം പ്രമാണമാണെന്ന് വിശ്വാസം ഉണ്ടായിരിക്കുന്ന ഇങ്ങനെ നിരവധി വിശ്വാസമുള്ള ഒരാൾ മാത്രമേ സ്വർഗ്ഗത്തിന് വേണ്ടി യാഗം ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല ഉദാഹരണം ബൗദ്ധൻ വിശ്വാസം അവർ വേദത്തെ പ്രമാണേ സ്വീകരിക്കുന്നില്ല യാഗത്തിൽ വിശ്വാസമില്ല സ്വർഗത്തെ വിശ്വാസമില്ല ഈ പറയുന്ന കാര്യത്തില് അവർക്ക് വേറെ സ്വർഗം കാണും ഇവിടെ വൈദികര് പറയുന്ന ഇതൊന്നിനും അവർക്ക് വിശ്വാസം ഇല്ല കൊണ്ടവരെന്താണ് ചെയ്യുന്നത് ഈ വേദത്തിൽ പറയുന്ന സ്വർഗത്തിനുവേണ്ടി യാഗം ചെയ്യുന്നില്ല അതാണ് ചെയ്യാറ് കാരണം ബ്രഹ്മജ്ഞാനി എന്ത് ചെയ്യുന്നു ഇതൊക്കെ മിഥ്യാണ് പറയുന്നു അതുകൊണ്ടായ വിശ്വാസം അജ്ഞാനി എന്ത് ഇതൊക്കെ സത്യമാണെന്നറിയുന്നു അനുവിശ്വാസമുണ്ട് വേദത്വം പ്രമാണമായി സ്വീകരിക്കുന്നു അപ്പൊ വിധിയിൽ വിശ്വാസമുള്ളവനാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയുന്നു ലോകത്ത് അങ്ങനെ തന്നെയാണ് ഒരാള് പൈസ മുടക്കി ഗണപതി ഹോമം നടത്തും എന്തുകൊണ്ട് വിശ്വാസം ആ ഗണപതി ഹോമം നടത്തിക്കഴിഞ്ഞാൽ ഗണപതിയുടെ അനുഗ്രഹങ്ങളുടെ വിഘ്നങ്ങളൊക്കെ മാറും കാര്യം സാധിക്കും എന്നുള്ള വിശ്വാസമുള്ളൂ അപ്പോ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ അലൌകികമായ ഫലം കിട്ടുന്ന കർമ്മങ്ങളിലെല്ലാം വിശ്വാസമുള്ളവനെ പ്രവർത്തിക്കും ബ്രഹ്മജ്ഞാനിക്കെന്താണ് ഇത് അസത്യം എന്നറിയുന്നോണ്ട് അതിന് വിശ്വാസം അതാണ് വിശ്വാസമില്ലാത്ത മനുഷ്യദ്യഭിമാനേനു വിധിശാസ്ത്രേണ അതിക്രിയതേ അപ്പോ മനുഷ്യ മനുഷ്യദ്യാഭിമാനേന ഇത്തം ഭൂതലക്ഷണി ധൃതിയ മനുഷ്യാഭിമാനം കൊണ്ടാണെന്തു വരുന്നത് കർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ആ മനുഷ്യാഭിമാനം ഇല്ലെങ്കിൽ കർമ്മത്തിൽ പ്രവർത്തിക്കുക അപ്പോ മനുഷ്യ അഭിമാനം കൊണ്ട് കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവൻ അത് മനുഷ്യാഭിമാനം മാത്രം പോരാ ജാത്യാഭിമാനം വേണം അതും പോരാ വിശ്വാസവും വേണം ഇപ്പൊ ചാർവാകം അങ്ങനെ മനുഷ്യാഭിമാനമുണ്ട് പക്ഷെ വിശ്വാസം ചാർവാകം ഈ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടപ്പനാ കർമ്മം ചെയ്യുന്നില്ല അപ്പോ മനുഷ്യദ്യഭിമാനേന മനുഷ്യാഭിമാനം കൊണ്ടൊരാള് യാഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ശ്രദ്ധ വേണം മനുഷ്യാഭിമാനം കൊണ്ട് ഒരാള് ശ്രദ്ധ ഇല്ലെങ്കിൽ പ്രവർത്തിക്കില്ല അതാണ് മനുഷ്യദ്യാഭിമാനേന ശ്രദ്ധതാണ് മനുഷ്യനുണ്ടെങ്കിൽ ശ്രദ്ധയില്ലാത്തവൻ വിശ്വാസം ഇല്ലാത്തവൻ വിധി ശാസ്ത്രയെ വിധിശാസ്ത്രത്തിൽ അവൻ അധികാരി ആകുന്നില്ലെന്നു വെച്ചാൽ പ്രവർത്തിക്കുന്നില്ല യാഗം ചെയ്യുന്നില്ല അപ്പൊ കേവലം മനുഷ്യാഭിമാനം ഉണ്ടായാൽ പോലെ മനുഷ്യാഭിമാനം ഉണ്ടെങ്കിലും അവൻ പ്രവർത്തിക്കില്ല എന്തുകൊണ്ട് വിശ്വാസ മനുഷ്യ അതാണ് മുഖ്യം ശ്രദ്ധയില്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസമില്ലെങ്കിൽ പ്രവർത്തിക്കുക മനുഷ്യർ പരിസരത്തൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാരും കൂടെ വന്ന് ഗണപതിമത്തിന് രസീത എഴുതിക്കുന്നു അവർക്കറിയ തട്ടിപ്പാണെന്ന് അവരൊന്നും പക്ഷേ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു പാവപ്പെട്ട മനുഷ്യരെന്തെയും അപ്പൊ മനുഷ്യാഭിമാനം ഉണ്ടെങ്കിലും വിശ്വാസമുണ്ടെങ്കിലേ പ്രവർത്തിക്കുന്നു ഇനി ബ്രഹ്മജ്ഞാനിയുടെ കാര്യം നോക്കാം ബ്രഹ്മജ്ഞാനിക്ക് മനുഷ്യാഭിമാനമുണ്ട് പക്ഷെ ഉള്ളപ്പോ തന്നെ എൻ്റെ ചെയ്യുന്നു ഇതൊക്കെ അസത്യമാണെന്ന് അറിയുന്നു അസത്യമാണെന്ന് അറിയുന്നത് കൊണ്ട് അത് ചെയ്യുന്നില്ല അപ്പോ കർമ്മം ചെയ്ത ബലം കിട്ടും ആ ബലത്തിനുവേണ്ടി കർമ്മം ചെയ്യണം അങ്ങനെയുള്ള വിശ്വാസമായക്കില്ല അതൊക്കെ അത് അസത്യമാണെന്നറിയാതുകൊണ്ട് അപ്പോ മനുഷ്യാഭിമാനം ഉണ്ടായാൽ പോരാ വിശ്വാസം ഉണ്ടായാലേ വലിയ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമാണ് തഥാച സ്മൃതി സ്മൃതി എന്ന് പറയുന്ന ഗീത ഗീതേനും പറയുന്ന ഒന്നാണ് അശ്രദ്ധയുദന്ത് വിശ്വാസമില്ലാതം ദാനം ചെയ്താലും യാഗം ചെയ്താലും ദത്തം ദാനം ചെയ്താലും കൃതഞ്ചയത്ത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അസത് അസത്താണ് പ്രയോജനവും ഇല്ലാത്തതാണ് മരിച്ചതിന് ശേഷം അനുബലമില്ല ഇവിടെ അനുബന്ധമില്ല അപ്പോ അശ്രദ്ധയാ ശ്രദ്ധയില്ല വിശ്വാസമില്ലാതെ കോമൻ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല യാതൊരു പ്രയോജനവും അവന് യുഹലോകത്തിലും പ്രയോജനമില്ല പരലോകത്തിലും പ്രയോജനമില്ല വിശ്വാസത്തോടുകൂടി ചെയ്ത ഫലം കിട്ട അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അജ്ഞന്മാര് വിശ്വാസത്തോടുകൂടി യാഗം ചെയ്യുന്നു അവരുടെ വിശ്വാസം എന്താണ് ഫലം എന്നാണ് അപ്പൊ വിശ്വാസമുള്ളതിനു ചെയ്യത്തുള്ളു അവൻ മരിച്ചതിന് ശേഷം അവിടെ പോവും സ്വർഗത്തു അങ്ങനെയാണ് അവൻ വിശ്വസിക്കുന്ന പറയാം സ്വർഗ്ഗത്ത് പോകുന്ന വെച്ചാൽ അതാണ് അവന്റെ വിശ്വാസം വേറെ ആള് പറയണേ ഞാൻ പറയണേ അവൻ സ്വർഗത്തൊന്നും പോലെ തട്ടിപ്പാണെന്ന് പറഞ്ഞു അത് അവന് ബാധവുമല്ല അവൻ വിശ്വസിക്കുന്ന എന്താണ് ഞാൻ മരിച്ചതിന് ശേഷം സ്വർഗ്ഗത്ത് പോകുന്നു അപ്പൊ അവിടെ വിശ്വാസത്തിനാണോ പ്രാധാന്യം കൊണ്ടെന്ന് പറയുന്നു ഇല്ലെന്ന് പറയുന്നോന്നുള്ള അവൻറെ വിശ്വാസം കിട്ടുമെന്നു വിശ്വസിക്കുന്നു മരിച്ചതിന് ശേഷമുള്ള കാര്യല്ലേ അപ്പൊ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ കാരണം പോകുന്നില്ല മരിച്ചതിന് സ്വർഗ്ഗത്ത് പോയോ ഇല്ലെന്ന് ആരും അന്വേഷിക്കാൻ പോകും നമുക്ക് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടോ അവൻ സ്വർഗ്ഗത്ത് പോകുന്ന വഴി ആർക്കെങ്കിലും അറിയാമോ വേറെ ആർക്കെങ്കിലും അതെയ്യാൻ പറ്റുമോ അവന്റെ വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ പോകുന്നു അതുകൊണ്ട് വിശ്വാസം എല്ലാത്തും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിശ്വാസങ്ങളും ചെയ്താൽ പ്രയോജനമുണ്ട് അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്കെന്താണ് ഇത് അസത്യം എന്നറിയുന്നു അസത്യം എന്നറിയുന്നോണ്ട് എന്താണ് അയാള് വിശ്വാസപൂർവം ഫലം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇതൊന്നും ചെയ്തില്ലോകം അപ്പൊ വിശ്വാസം ഉണ്ടെങ്കി എന്ത് ചെയ്യും മരിച്ചതിന് ശേഷം അവിടെ പോകും സുഖമൊക്കെ അനുഭവിക്കും പുണ്യം കഴിയുമ്പോ എന്ത് ചെയ്യും ചെയ്തിട്ടുണ്ടല്ലോ എന്തായാലും മരിചരി പോകും പുണ്യം കഴിയുമ്പോ തിരിച്ചു വീണ്ടും വരും ചെയ്യാനായിട്ട് വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ അത് വരുന്ന ഉറക്കത്തെ കുറിച്ച് ഉറക്കത്തിലൂടെ പോകുന്നു ബ്രഹ്മത്തിൽ പോകുന്നു സുശക്തി സുഷൃത്തിയും ബ്രഹ്മത്തിനോട് ഏകീഭവിക്കുന്നു അതും മറ്റൊരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല പഴയകാലത്ത് ഈ ഉറക്കത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അവിടെ നിന്ന് പിന്നെ സെക്കൻഡ് സെക്കൻഡിൽ നിന്ന് ആർഇഎം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ടെസ്റ്റുകളൊന്നും പണ്ടി ഇത്തരം ടെസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാൻ വയ്യാത്തതുകൊണ്ട് അവർ എന്താ നല്ല ഉറക്കത്തിൽ അവൻ എവിടെ ബ്രഹ്മത്തോടെ അത് അന്നത്തെ അറിവ് രാവിലെ പറഞ്ഞതിന്റെ അത് ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും അറിയാൻ വയ്യാത്ത ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് അറിയുമ്പോ ഇതിന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും ഇവിടെ പറയുന്നതല്ല ഇവിടെ ഭാവനികാരം പറയുന്നത് ശ്രദ്ധയുള്ളവൻ കർമ്മം ചെയ്യുന്നു വിധി വിധിയനുസരിക്കുന്നു കർമ്മം ചെയ്യുന്നു ബ്രഹ്മജ്ഞാനി എന്തുകൊണ്ട് ചെയ്യുന്നില്ല അങ്ങനെ ഭാവധികാരം പറയുന്നത് ഇത് അസത്യമാണെന്ന് അറിയുന്നുകൊണ്ടാണ് പക്ഷെ ബ്രഹ്മജ്ഞാനിക്ക് ശ്രദ്ധ ഇല്ല എന്ന് ചോദിച്ചുണ്ട് കാരണം ബ്രഹ്മജ്ഞാനി എന്ത് ചെയ്യുന്നു വേദത്തെ പ്രമാണമായി അറിയുന്നു കർമ്മകാന്ഡം പ്രമാണമാണെന്ന് പറയുന്നു കർമ്മം ചെയ്ത ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ വിശ്വസിക്കുന്ന ആളെയല്ലേ ബ്രഹ്മജ്ഞാനിതെല്ലാം വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അസത്യമാണെന്നറിയുന്നു കർമ്മവും ഫലവും ആ ലോകം അസത്യമാണെന്നറിയുന്നുണ്ട് അയാള് സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നുണ്ട് പിന്നീട് അനിത്യമായ അസത്യവുമായ ഫലത്തിനു വേണ്ടി അയാള് കർമ്മം ചെയ്യുന്നില്ല അത് അതിന് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല ാരം പറയുന്നത് വിശ്വാസം ഇല്ലാത്തോണ്ട് ചെയ്തിടെ വിശ്വാസത്തിന്റെ പ്രശ്നല്ല ശരി ബ്രഹ്മജ്ഞാനി എന്തോണ്ട് കർമ്മം ചെയ്യുന്നതെന്ന് ചോദിച്ചാ എന്താണ് ഉത്തരം കർമ്മഫലം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അസത്യമായ അല്ലാതെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ഭാമധികാരം പറയുന്ന ഭാഗികാരം എന്താണ് പറയുന്നത് മനുഷ്യാഭിമാനമുള്ളവൻ എന്താണ് ശ്രദ്ധയില്ലാത്തവൻ കർമ്മം ചെയ്യത്തില്ലെന്നാണ് അത് ശരിയാണ് പക്ഷെ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചെന്താണ് ബ്രഹ്മജ്ഞാനി വിശ്വാസമില്ലാത്തവണ്ല്ല ചെയ്യാത്ത ബ്രഹ്മജ്ഞാനിക്ക് വിശ്വാസമുണ്ട് ശ്രദ്ധയുണ്ട് പിന്നെ ബ്രഹ്മജ്ഞാനി എന്തുകൊണ്ട് ചെയ്യുന്നില്ല കർമ്മഫലം ഇത് നിത്യമല്ല ഇതൊന്നും നിത്യമല്ല നശിക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ പ്രപഞ്ചം ഇതെല്ലാം അസത്യമാണ് ഇപ്പോൾ അസത്യമായ ഈ പ്രപഞ്ചത്തിൽ അനിത്യമായ ഒരു ഫലത്തിനുവേണ്ടി നിത്യമായ എന്താണ് മോക്ഷത്തെ അറിയുന്ന ബ്രഹ്മജ്ഞാനി പ്രവർത്തിക്കുന്നു രണ്ടും ഭഗവതികാരം പറഞ്ഞിരിക്കുന്നു പൂർണ്ണമായും ശരിയല്ല ബ്രഹ്മജ്ഞാനിക്ക് വിശ്വാസം ഇല്ലാതെ വരത്തല്ലേ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവനാണ് വേദം പ്രമാണം തന്നെയാണ് ബ്രഹ്മജ്ഞാരി പക്ഷെ ആ പ്രമാണമായതുകൊണ്ട് കർമ്മം ചെയ്യുന്നതിനത് പ്രമാണമല്ല ഭർത്താവ് കർമ്മം ഫലം എന്നുള്ള ഭേദത്തിനത് പ്രമാണമല്ല പിന്നെ വേദം പ്രമാണമായിരിക്കുന്നത് എന്തിനാണ് ടുത്തോളം അന്ദ്വയമായിരിക്കുന്ന ആത്മാവിനും മോക്ഷത്തിനുമൊക്കെ വേദം തന്നെ പ്രമാണം നല്ല വേദം പ്രമാണമാണ് എന്നാൽ കർമ്മകാന്ഡത്തെ അസത്യമാണെന്നറിയുന്നു പക്ഷെ വേദപ്രാമാണ്യത്തെ ഈ ചാറുവാകൻ നിഷേധിക്കുന്ന പോലെ ബ്രഹ്മജ്ഞാനം നിഷേധിക്കുന്നതാണ് എന്റെ വ്യത്യാസം ചാറുവാകൻ എന്താ പറയുന്നത് പ്രമാണമേ അല്ല ബ്രഹ്മജ്ഞാന പറയുന്നത് വേദം പ്രമാണം തന്നെയാണ് പക്ഷെ തന്നെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിനും ബലത്തിനും വേണ്ടി വേദം പ്രമാണമല്ല വേദം ബ്രഹ്മജ്ഞാനത്തിന് പ്രമാണമാണ് പിന്നെ തനിക്ക് ബ്രഹ്മജ്ഞാനം ഴിഞ്ഞു ഇനി എനിക്ക് ആ പ്രമാണത്തിന്റെ ആവശ്യമുണ്ട് മറ്റുള്ളവർക്ക് അത് പ്രമാണമല്ല എന്ന് പറയത്തില്ല തന്നെ സംബന്ധിച്ച് ഇനി എന്താണ് പ്രമാ ഉണ്ടായിക്കഴിഞ്ഞു ജ്ഞാനം ബ്രഹ്മം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രമാണത്തിന്റെ ആവശ്യം തനിക്കില്ല ഇതൊക്കെയാണ് അദ്വൈതിയുടെ നിലപാട് ബ്രഹ്മജ്ഞാനിയുടെ നിലപാട് അപ്പോ ബ്രഹ്മജ്ഞാനിയിലും ശ്രദ്ധയുണ്ടാവും പക്ഷെ അത് മറ്റൊരു തരത്തിലാണ് അതുകൊണ്ട് ഭാവതികാരന്റെ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമായും ശരിയല്ല നിഷേധശാസ്ത്രം തന്നശ്രദ്ധാമപേക്ഷത നിഷേധശാസ്ത്രത്തിന് ശ്രദ്ധയുടെ ആവശ്യമുണ്ടെന്നാണ് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് ഇതും ഭഗവതികാരൻ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് ഇങ്ങനെ ഒരു സെന്റൻസ് അതായത് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു പറഞ്ഞു ികാരം പറയുന്നത് എന്താണ് നിഷേധശാസ്ത്രം അപേക്ഷിത നിഷേധശാസ്ത്രം എന്താണ് ബ്രാഹ്മണോ ഈ നിഷേധ വിധികൾ ശ്രദ്ധയുടെ ആവശ്യമില്ല എന്നാണ് എന്തുകൊണ്ട് അവിത്തു നിഷിദ്ധ്യമാനക്രിയോ ഒന്നുഖോ നര ഇത്യോ പ്രവർത്തത എന്ന് വെച്ചാൽ അപ്പൊ ഒരാള് ബ്രാഹ്മണനെ കൊല്ലാൻ പോകുന്നു അയാൾ എന്തുകൊണ്ടാണ് ബ്രാഹ്മണനെ കൊല്ലാൻ പോകുന്നു ബ്രാഹ്മണനോട് ദേഷ്യമുള്ള അപ്പോ ബ്രാഹ്മണനെ കൊല്ലണമെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് പറഞ്ഞിട്ടില്ല അപ്പോ പിന്നെ വേദം എന്തുകൊണ്ട് പറഞ്ഞു ബ്രാഹ്മണനെ കൊല്ലരുന്ന് ഒരുത്തൻ അവന്റെ ഉടലുള്ള ദേഷ്യം കൊണ്ട് ഒരു ബ്രാഹ്മണനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ വേദം പറയാണ് കൊല്ലരുത് അവനെ നിവർത്തിപ്പിക്കുകയാണ് പിഞ്ചരിപ്പിക്കാണ് അപ്പോ ഇതിൽ ഭാവനികാരം ഇവിടെ അവന്റെ വിശ്വാസത്തെ ആശ്രയിക്കുന്നില്ലെന്നാണ് ഈ നിഷേധം കൊല്ലരുതെന്ന് പറയുന്നത് അത് പൂർണ്ണമായും സ്ഥിതിയല്ല കാരണം ഇവിടെയും വിശ്വാസമാണ് അവനെ നിവർത്തിപ്പിക്കുന്നു കാരണം അവൻ കൊല്ലാൻ വരുമ്പെടുന്നത് അവന്റെ ദേഷ്യം കൊണ്ടാണ് അവിടെ നിഷേധശാസ്ത്രമില്ല അവന്റെ ദേഷ്യം കൊണ്ടാണ് ഇപ്പോൾ കള്ള് കുടിക്കാൻ പോകുന്നു അവിടെ കള്ള് കുടിക്കാൻ വിരിച്ച ശാസ്ത്രം ഉണ്ടായിട്ടില്ല പിന്നെ അവന്റെ രാഗം കൊണ്ടാണ് അവന്റെ ആഗ്രഹം കൊണ്ടാണ് പകൽ അപ്പൊ നിഷിദ്ധമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒന്നുകിൽ രാഗം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ബ്രാഹ്മണനെ കൊല്ലാൻ പോകുന്ന ദേഷ്യം കൊണ്ടും കള്ളു കുടിക്കുന്നത് അപ്പൊ അവിടെ നിഷേധശാസ്ത്രത്തിന് പങ്കൊന്നുമില്ല ശരിയാണ് പക്ഷേ അവൻ കള്ളു കുടിക്കാതിരിക്കുന്നതും ബ്രാഹ്മണനെ കൊല്ലാതിരിക്കുന്നതും നിഷേധശാസ്ത്രം പറയുന്നൊണ്ടാണ് അപ്പൊ അവിടെ നിഷേധശാസ്ത്രത്തിന് പങ്കുണ്ടും എങ്ങനെ അത് പങ്കുവരുന്നു കാരണം യാഗം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും എന്ന് പറയുന്നത് പോലെ തന്നെ കള്ള് കുടിക്കാതിരുന്നാല് കള്ള് കുടിച്ചാൽ നരകത്തിൽ പോവും പാപം കിട്ടും ബ്രാഹ്മണനെ കൊന്നാലും പാപം ഉണ്ടാവും നരകം ത്തിപ്പൂ അപ്പൊ പാപം ഭയം പാപം കിട്ടും നിശുദ്ധകർമ്മം ചെയ്തു കഴിഞ്ഞാൽ പാപം കിട്ടും എന്നുള്ള വിചാരം അവൻ നിവർത്തിക്കുന്നത് അപ്പം നിഷിദ്ധ ചെയ് കർമ്മം ചെയ്താ പാപം കിട്ടും എന്ന് പറയുന്നത് വിശ്വാസമാണ് അല്ല അവര് നിഷിദ്ധ കർമ്മം ചെയ്താൽ പാപം കിട്ടും വിശ്വാസമുള്ളവരെ എന്താണ് ബ്രാഹ്മണനെ കൊന്നാ പാപം കിട്ടുമെന്ന് പറയും ആ പാപം എന്ന് പറയുന്നവന്റെ വിശ്വാസമാണ് ഇപ്പം ബ്രാഹ്മണനെ കൊല്ലാതിരിക്കുന്ന നിഷേധശാസ്ത്രം അവന് പ്രവർത്തിക്കുന്നതും വിശ്വാസത്തെ മുൻനിർത്തിയാണ് അല്ലെന്നാണ് ഭാവനികാരം പറയുന്നത് അത് പൂർണ്ണമായും ശരിയാണ് കൊല്ലാൻ ഒരുമ്പടുന്നതിന് ശാസ്ത്രത്തിന് പങ്കില്ല അത് ശരിയാണ് മനസ്സിലായോ കള്ള കുടിക്കാൻ ഒരുമ്പെടുന്നതിന് ശാസ്ത്രത്തിന് ഒരു പങ്കുവല്ല നിഷേധ ശാസ്ത്രം പ്രവർത്തിക്കുന്നതിന് വിശ്വാസം കാരണമാണ് അല്ലെങ്കിൽ തോന്നി കൊല്ലും ബ്രാഹ്മണനെ കൊല്ലരുതെന്ന് നിഷേധശാസ്ത്രമുണ്ട് അത് അംഗീകരിക്കില്ല കൊല്ലും പക്ഷെ കൊല്ലാതിരിക്കുന്ന എന്ത് വേണം അവന് വിശ്വാസം വേണം എന്തു വിശ്വാസം ശാസ്ത്രത്തിന് എന്ത് വിശ്വാസം കൊന്നുകഴിഞ്ഞ പാപുണ്ടാവും കൊന്നുകഴിഞ്ഞ വിധിശാസ്ത്രം എങ്ങനെയാണോ വിശ്വാസത്തെ ആചരിക്കുന്നത് യാഗം ചെയ്താൽ പുണ്യം കിട്ടുന്നു എന്നുള്ള പുണ്യത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ഒരാൾ വിധിശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിലും നിഷേധശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നതും പാപം ചെയ്തു കഴിഞ്ഞാൽ പാപകർമ്മം ചെയ്തു കഴിഞ്ഞാൽ പാപഫലമുണ്ടാവും നരകഫലമുണ്ടാവും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് കാരണം ഈ പുണ്യമൊന്നും പാപമെന്നും പറയുന്ന രണ്ടു കാര്യങ്ങളും എന്താണ് കേവലം വിശ്വാസത്തിന്റെ വിഷയമാണ് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ ഇന്ന കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം ഉണ്ടാകും സാധാരണ മനുഷ്യൻ പറയുമെങ്കിലും ഓ അത് വലിയ പുണ്യമായി പോയെന്നൊക്കെ പറയുമെങ്കിലും അവിടെ പുണ്യം എന്ന് പറഞ്ഞാൽ എന്തര്ത്തേ ഉള്ളൂ പാവപ്പെട്ടവനവര് സഹായിച്ച് അവന് വല്യ പുണ്യമായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വിശ്വാസം ഒരു നന്മ അത്രേയുള്ളൂ ശാസ്ത്രീർപ്പെടുന്ന പുണ്യം ഒന്നും അവരുടെ അർത്ഥമില്ല ഒരു പാവപ്പെട്ടവനെ കുറിച്ച് പണം കൊടുത്ത് സഹായിച്ച് കേട്ട് ഒരാളൊന്നും പറയാനുള്ളത് വലിയ പുണ്യമാണ് ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത വലിയൊരു നന്മയാണ് പക്ഷെ ശാസ്ത്രത്തിൽ പുണ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശാസ്ത്രത്തിൽ പുണ്യം എന്ന് പറഞ്ഞാൽ നന്മയെന്നല്ല ഇതോ വിശ്വാസമൊന്നും അയാൾ ആ പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിയുടെ ഭാഗം ഫലമായി അയാളിൽ ഉണ്ടാകുന്ന ഒരു സംസ്കാരം അതാണ് പുണ്യം അതാ ഞാനൊരു സെൽപ്രവൃത്തി വിഹിതമായ സെൽപ്രവൃത്തി എന്ന് പറഞ്ഞ പോരാ ശാസ്ത്രം വിധിച്ച ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ ഫലമായി എനിക്ക് ഒരു പുണ്യം എന്ന പേരുള്ള സംസ്കാരം ഉണ്ടാകും എന്നുള്ളത് വിശ്വാസമാണ് മനസിലായോ ഉം ഞാനൊരു പാപപ്രവൃത്തി ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മോശം പ്രവൃത്തി ചെയ്തു തെറ്റായ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലമായി എനിക്ക് പാപം എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടാകും എന്ന് പറയുന്ന എന്താണ് അത് ഏതും വിശ്വാസം നിഷേധവിധിയിൽ ഒരാള് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിഷേധവിധി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ നിഷേധിച്ചേ ചെയ്യാതിരിക്കും ശാസ്ത്രം നിഷേധിച്ച ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് വിശ്വാസത്തിന്റെ പേരിലാണ് മനസിലായോ പാപഭയം കൊണ്ടാണത് ചെയ്യാതിരിക്കും പാവധികാരം പറയുന്നത് അങ്ങനെയല്ല ബ്രഹ്മജ്ഞാനി എന്തുകൊണ്ടും നിഷിദ്ധമായ കാര്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താണോ നിഷേധ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രദ്ധയുടെ വിശ്വാസത്തിന്റെ ആവശ്യം എന്താണോ നിഷേധവിധികൾ നിഷിദ്ധമായ കാര്യങ്ങൾ നിഷേധശാസ്ത്രത്തിൽ വിശ്വാസത്തിന്റെ ആവശ്യം ഇല്ലാന്നോ പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന ഒരാള് നിഷിദ്ധമായ ഒരു കാര്യം ചെയ്യാ ചെയ്യാൻ പോകുമ്പോൾ ശാസ്ത്രം അതിൽ നിന്നവനെ പിന്തിരിപ്പിക്കുന്നതേ ഉള്ളു ആ പിന്തിരിപ്പിക്കുന്നിടത്തും എന്താനുസൃത വിശ്വാസം ഉണ്ടെന്നാണ് മനസിലാക്കേണ്ടത് പ്രവൃത്തി ഒരുപട നടത്ത ചെയ്യാൻ ഭഗവതികാരം പറയുന്നത് ശരിയല്ല പറ ഭാഗികമായ ശരിയാണ് ഭാഗികമായ ശരി എന്താണ് ഒരാള് ബ്രാഹ്മണനെ കൊല്ലാൻ പോകുന്നിടത്ത് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശ്വാസമല്ല അയാൾക്ക് ദേഷ്യമുള്ള പക്ഷെ പിന്തിരി എന്തുകൊണ്ട് പിന്തിരി എന്തുകൊണ്ട് വിശ്വാസം എന്തിനു എന്തിനുള്ള വിശ്വാസം പാപം ഉണ്ടാകും എന്നുള്ള വിശ്വാസം നിഷേധശാസ്ത്രവും ബ്രഹ്മജ്ഞാനി നിഷിദ്ധമായ കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല വിശ്വാസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധശാസ്ത്രത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു ബ്രഹ്മജ്ഞാനിയുടെ കാര്യമില്ല ബ്രഹ്മജ്ഞാനി നിഷിബ്ധമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല അത് പാപമുണ്ടാകുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് എന്ന് പറയാനും പറ്റത്തില്ല കാരണം ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പുണ്യവും പാവവും ഒന്നും ബാധിക്കുന്നില്ല രണ്ടും അയാളെ സംബന്ധിച്ച് രണ്ടും ബാധിക്കുന്നില്ല അപ്പൊ വിശ്വാസത്തിന്റെ പേരിൽ പിന്തിരിയുന്നു എന്ന് പറയാൻ പറ്റില്ല പാവധികാരം എന്തുകൊണ്ടും ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പറയുന്നു പാമധികാരം പറയുന്നത് നിഷേധശാസ്ത്രത്തിൽ വിശ്വാസത്തിന്റെ ആവശ്യമില്ല അതങ്ങനെ പറയാൻ കാരണം ബ്രഹ്മജ്ഞാലിയെ സംബന്ധിച്ചിടത്തോളം പാപത്തെ കുറിച്ച് അയാൾ ചിന്തിക്കേണ്ട കാര്യമില്ല അയാളെ സംബന്ധിച്ച് പുണ്യവുമില്ല പാപില്ല അപ്പോ പാപത്തെ ഭയെന്നു അയാൾക്ക് പിന്തിരിയേണ്ട കാര്യമില്ല പാപമേ ഇല്ലോ ബ്രഹ്മം മാത്രമല്ല സത്യമായിട്ടുള്ളൂ ബാക്കിയെല്ലാം അസത്യം പറയാ പാവതി കാലം പറഞ്ഞാൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം ്രഹ്മജാനക്ക് പുണ്യമില്ല എല്ലാം അസത്യുമാണ് അതുകൊണ്ടായ പുണ്യകർമ്മത്തിലും പ്രവർത്തിക്കുന്നില്ല പക്ഷെ പാപം അസത്യമായ അതൊക്കെ പാപത്തിൽ പ്രവർത്തിക്കാൻ കാരണം പാപം അസത്യേ അപ്പ പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്താണ് പാപം സത്യമാണെന്നുള്ള വിശ്വാസം ബ്രഹ്മജ്ഞാനിക്ക് അത് ഉണ്ടാകത്തില്ല ബ്രഹ്മജ്ഞാനിക്ക് പാപസത്യമാണെന്നുള്ള വിശ്വാസം ഉണ്ടാകുന്നില്ല ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ അവരും ബ്രഹ്മജ്ഞാനി പ്രവർത്തിക്കണ്ടേ കാരണം പാപസത്യം അല്ലല്ലോ പാപസത്യമാണെന്നും ബ്രഹ്മജ്ഞാനി കരുതൂ കരുതൂ അസത്യമാണ് പാവ അസത്യമാണ് അപ്പൊ ബ്രാഹ്മണനെ കൊന്ന എന്താണ് പാവം അസത്യമാണ് അപ്പൊ കൊണ്ട എന്താണ് ഭഗവധികാരം പറയുന്നത് എന്താണ് കുരുമ്പ ഞാൻ ഈ ബ്രാഹ്മണനെ കൊല്ലാത്തത് വിശ്വാസത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന അല്ല നിഷേധശാസ്ത്രം വിശ്വാസത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവനല്ല നേരത്തെ വായിച്ചു നിഷേധശാസ്ത്രം നിശ്രദ്ധ നിഷേധശാസ്ത്രം ശ്രദ്ധ അപേക്ഷ നിഷിദ്ധ്യമാന ക്രിയ ഒന്നുകൊ നിഷേ നിഷേധിക്കപ്പെടുന്ന ക്രിയ അതിന് തയ്യാറാകുന്നവനിലാണ് ആ ശ്വാസം പ്രവർത്തിക്കുന്നത് കൊല്ലാൻ പോകുന്നവന് ശ്വാസം പ്രവർത്തിക്കുന്നുള്ളു അപ്പം അവൻ തിന്മാങ്ങൾ അതുകൊണ്ട് താംസാരിക സംസാരികളെ പോലെ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാന അല്ലാത്തവരെ പോലെ ശ്രദ്ധ അവഗത ബ്രഹ്മ ബ്രഹ്മതത്വത്തെ അറിയുന്നവനും ശ്രദ്ധ കൊണ്ട് ബ്രഹ്മതത്വത്തെ ശബ്ദം ആ ശബ്ദ എന്നുള്ളതല്ല ശ്രദ്ധ ശ്രദ്ധ അവഗത ബ്രഹ്മതത്വം ശ്രദ്ധയിലൂടെ ബ്രഹ്മതത്വത്തെ ബ്രഹ്മതത്വത്തെ അറിയുന്നവനാണ് എന്താണ് ശ്രദ്ധ വേണ്ടതാണ് നിഷേധം അതിക്രമ്യ അവൻ നിഷേധത്തെ ഉല്ലംഘിച്ച് പ്രവർത്തിച്ചാൽ പ്രത്യവേദി അവന് പാപമുണ്ടാവും ഇതാണ് പാവാധികാരൻ പറയുന്നത് ബ്രഹ്മജ്ഞാനിയാണെങ്കിലും നിഷേധത്തെ അതിക്രമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ എന്തുണ്ടാവും പാപമുണ്ടാവും അതുകൊണ്ട് അതാണ് സംസാരിക്ക മറ്റുള്ളവരെ പോലെ ശ്രദ്ധാപക ശ്രദ്ധ കൊണ്ട് ശ്രദ്ധയിലൂടെ ബ്രഹ്മതത്വത്തെ അറിയുന്നതിന് ശ്രദ്ധ വിശ്വാസം വേണമല്ലോ അങ്ങനെ ബ്രഹ്മത്വത്തെ അറിഞ്ഞവനും നിഷേധം അതിക്രമ്യ പ്രവർത്തനം നിഷേധത്വം മറികടത്ത് മറികടന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ കൊല്ലതെന്ന് പറഞ്ഞതിനെ മറി മടന്നിട്ട് കൊല്ലുകയാണെങ്കിൽ ഇപ്പത്തെ വീതി അവന് പാപം ഉണ്ടാകും ഇത് ഭാഗതികാരന്റെ ഇത് പൂർണമായും ശരിയല്ല അത് പിന്നീട് വിശദീകരിക്കും